പശ്ചാത്തപിക്കുന്നവർ ആരാധിക്കുന്നവർ സ്തുതിക്കുന്നവർ നോമ്പെടുക്കുന്നവർ റുക്കോഴ ചെയ്യുന്നവർ സുജൂത് ചെയ്യുന്നവർ നന്മകൽപ്പിക്കുന്നവർ തിന്മ തടയുന്നവർ അള്ളാഹു സുബാനഹുഅറ്റാലയുടെ അതിരുകൾ പാലിക്കുന്നവർ എന്നിവരാണവർ സത്യവിശ്വാസികൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക